കിയാക്കിസ്വവിഭാഗം ചുസമാന ഇഹ വിദ്വാൻ അഭിമത ക്രിയാകർത്താദി സ്വരൂപ വിഭാഗം ചിദ് ക്രിയച്ച കർമ്മം കർത്താവ് കർമ്മഫലം ഇവയുടെ ഒക്കെ സ്വരൂപവിഭാഗം സ്വരൂപം ഭേദം ഇതിന്റെയൊക്കെ സ്വരൂപം എന്താണ് അതായത് അഗ്നിഹോത്രാദി കർമ്മങ്ങൾ അതിന്റെ സ്വരൂപം എന്താണ് പിന്നെ ആരാണ് ഈ കർമ്മങ്ങളുടെയൊക്കെ കർത്താവ് ആരാണ് ഇതിന്റെ ഫലത്തെ അനുഭവിക്കുന്നത് ആരാണ് ഇതിനധികാരി ഇതിനേക്കാള് പറയുന്നത് വിഭാഗം ഈ ഭേദങ്ങളെല്ലാം വിദ്വസ് മനഹ അറിയുന്നവൻ അറിയുന്നവനെന്ന് വെച്ചാൽ ഇവിടെ വിവാൻ ഇവ ആചരതി വിദ്വ എന്നുള്ള അർത്ഥത്തിലാണ് വിദ്വാന്വ ആചരതി വിദ്യ വിന പോലെ പ്രവർത്തിക്കുന്നവൻ വിദ്വാനല്ല നടത്തും അങ്ങനെ ഒരു അർത്ഥത്തിലാണ് വ്യാകരണത്തിനൊരു പ്രയോഗമാണ് വിദ്വാന പോലെ ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നു എന്നാണ് അവന് വിദ്വാന എന്തുകൊണ്ടത് വിദ്വാന വിദ്വസ്യമാന എന്ന് പറയാൻ കാരണം എന്താണ് അറിവുള്ളവനെ പോലെ നടിക്കുന്നവനെന്നാണ് പറയാം എന്നാ അറിവുള്ളവനല്ല എന്തുകൊണ്ടത് കാരണം കർത്താവ് വേറെയാണ് കർമ്മം വേറെയാണ് ഫലം വേറെയാണ് ഇങ്ങനെയൊക്കെ ഭേദബുദ്ധിയോടുകൂടി ചിന്തിക്കുന്നവന് അവന് ശരിയായ അറിവില്ല ശരിയായ അറിവെന്ന് പറയുന്നത് ആത്മജ്ഞാനമാണ് അവിടെ ഭേദബുദ്ധിയല്ല ഏകത്വ ബുദ്ധിയാണ് കർമ്മകാന്ഡത്തിൽ നിൽക്കുന്നവനും ജ്ഞാനീ തമ്മിലുള്ള വ്യത്യാസംഡത്തിൽ നിൽക്കുന്നവൻ ആണ് അവൻ കർത്താവ് കർമ്മം ഫലം തുടങ്ങിയ ഭേദത്തെക്കുറിച്ച് ചിന്തിക്കുന്നവനാണ്ഡത്തിവ ആചരി മറ്റുള്ളവരുടെ ദൃഷ്ടിയില് കർമ്മികളുടെ ദൃഷ്ടിയിൽ അവരെല്ലാം വലിയ അറിവുള്ളവരാണ് വിദ്വാൻമാരാണ് പക്ഷെ അവരൊന്നും വിദ്വാൻമാരല്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് വിദ്വസ്യ എന്നുള്ള പ്രയോഗം വലിയ പണ്ഡിതനാണ് വിദ്വാനെപ്പോലെ ആചരിക്കുന്നവൻ എന്ന് പറയുമ്പോൾ ഇതൊന്നുമല്ല വിദ്യ ഇതൊന്നുമല്ല അറിവ് അറിവുള്ളവൻ പേരെയാണ് ബ്രഹ്മജ്ഞാനി കാണിക്കാനാണ് പറയുന്നത് ക്രിയാ കടത്തറാതി സ്വരൂ വിഭാഗം വിദ്വസ് ഇഹ വിദ്വാൻ അഭിമത കർമ്മകാണ് ഇഹ കർമ്മ കർമ്മകാണ്ഡത്തിൽ വിദ്വാനെന്ന് പറഞ്ഞാൽ എന്താണോ അർത്ഥം വിദ്യയില്ലാത്തവൻ എന്നാ വിദ്യ ഉണ്ടെന്ന് ഭ്രമിക്കുന്നു എന്തുകൊണ്ട് അവന്റെ വിദ്യ എന്ന് പറയുന്നത് കർമ്മത്തെ സംബന്ധിച്ചും ഫലത്തെ സംബന്ധിച്ചും കർത്താവിനെ സംബന്ധിച്ചുമുള്ള വിദ്യയാണ് അവൻ കർമ്മം ഫലം ഇതൊന്നുമില്ലാത്ത ബ്രഹ്മത്തെക്കുറിച്ച് അവൻ അറിവില്ലാ അതേവ അതുകൊണ്ട് തന്നെ ഭാഷ്യകാരൻ എന്തു അവിദ്വത് വിഷയത്വം ശാസ്ത്ര അവിദ്വു വിഷയത്വം വർണ്ണയാൻ ബാസ്ത്രം അവിദ്വാനുള്ളതാണ് അവനെയാണ് വിദ്വസ്യമാനെന്ന് പറഞ്ഞത് നേരത്തെ ഭാഷ അവിദ് അവിദ്വാന്റെ വിഷയമാണ് ശാസ്ത്രം എന്ന് ഭാഷകാരൻ വർണ്ണയാൻ ബർണിച്ചു അതുകൊണ്ട് കർമ്മകാന്ഡത്തിൽ നിൽക്കുന്നവനും കർമ്മത്തെ സംബന്ധിച്ച് അറിവുള്ളവനാണ് കർമ്മത്തെ സംബന്ധിച്ചവൻ വിദ്വാനാണ് പക്ഷെ അദ്വൈതിയുടെ വർഷത്തിൽ അവൻ അവിദ്വാനാണ് ബ്രഹ്മത്തെ അറിയുന്നവൻ മാത്രമേ വിദ്വാൻ ആകുന്നു എന്ന് പറഞ്ഞാൽ വേദത്തിന്റെ പൂർവ്വകാന്ഡത്തെ അധ്യയനം ചെയ്യുക അതനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുക അതൊക്കെ ചെയ്യുന്നവര് വിദ്വാനാണെന്ന് ലോകത്ത് പറയും പക്ഷെ അവരെല്ലാം അജ്ഞാനികളാണ് വിദ്വാനെപ്പോലെ പ്രവർത്തിക്കുന്നവരാണ് അദ്വീരവശത്തിൽ വിദ്വൻ അറിവുള്ളവൻ ജ്ഞാനി എന്ന് പറയുന്നത് ഈ അദ്വൈയമായ ആത്മാവിനെ അറിയുന്നവനാണ് അതാണ് ഇദ്ദേഹം പറയുന്നത് വിദ്വാനെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു അതെ അവിടെ വിദ്യ എന്ന് പറഞ്ഞ ഉപാസന അവിദ്യ എന്ന് പറയുന്നത് കർമ്മം ഇതുമായിട്ട് വിദ്യ ഉപാസനയും വിദ്യാഞ്ച അവിദ്യാഞ്ചേദ സഹ വിദ്യ കർമ്മവും രണ്ടും ഒരുമിച്ചനുഷ്ഠിച്ചാൽ അവിദ്യയാമൃത്തം തീർപ്പ കർമ്മം കൊണ്ട് പൃഥ്വിനെ തരണം ചെയ്ത് വിദ്യയ ഉപാസന കൊണ്ട് അവിടുന്ന് മനസ്സിൽ എന്ന് വെച്ചാൽ ആപേക്ഷികമായ മോക്ഷത്തെ പ്രാപിക്കുന്ന ഇതാണ് ശങ്കരായരുടെ വ്യാഖ്യാനം അപ്പൊ അവിടെ അമൃതത്വം എന്ന് പറഞ്ഞാൽ ആപേക്ഷിക മോക്ഷം അത് ശങ്കരായ വ്യാഖ്യാനമാണ് तस्मा यथा राज अभिमान राजसु ये ना विप्र नीप्र वैश्यभिध